സ്നാനപ്പെടുവാനായി തീരുമാനിച്ച് പരസ്യമായി കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ച് ഇന്ന് സ്നാനപ്പെടാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാവരെയും ആദ്യം ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങൾ എടുത്ത ആ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണിത് പലപ്പോഴായിട്ട് സ്നാനത്തിനായിട്ട് പലരും പറഞ്ഞപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്ത വന്നപ്പോഴും മാറ്റി മാറ്റി വെച്ച് എന്നാൽ എനിക്കങ്ങനെയല്ല എനിക്കൊരു കർത്താവിൻ്റെ ശിഷ്യനായി ഈ ലോകത്തിൽ എൻ്റെ ചുറ്റിനും എൻ്റെ സുഹൃത്തുക്കളുടെ എൻ്റെ മറ്റ് വ്യക്തികളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കർത്താവിൻ്റെ ശിഷ്യനാണ് എന്ന് പരസ്യമായി സാക്ഷീകരിക്കുന്ന ഒരു അവസരവും കൂടെയാണ് സ്നാനം നമ്മൾ സ്നാനത്തെക്കുറിച്ച് പല കാര്യങ്ങളുടെ യുവജനത്തിൽ നിന്ന് നമുക്ക് ഓൾറെഡി അറിയാം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വളരെ കൂടുതലായിട്ട് പറയുന്നില്ല എന്നാലും ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടതിനായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ നമ്മളെ കുലസ്വലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു അപ്പോൾ നമ്മൾ സ്നാനപ്പെടുമ്പോൾ സ്നാനത്തിൽ നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരെയാണ് സ്നാനപ്പെടുത്തുക എന്നാണ് ദൈവോചനം പറയുന്നത് അതായത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിലർ പറയാറുണ്ട് നമ്മൾ സ്നാന പ്പെടുന്നതിലൂടെയാണ് വിശ്വസിക്കുകയും സ്നാനം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് പറയാറുണ്ട് എന്നാൽ ദൈവവചനത്തിൽ നാം പല വാക്യങ്ങൾ നാം ചേർത്ത് വായിക്കുകയാണെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരെയാണ് സ്നാനപ്പെടുത്തുവാനായിട്ട് ദൈവവചനം പറഞ്ഞിട്ടുള്ളത് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നവരെ അവൻ ആരെയും അവൻ തള്ളിക്കളയുന്നില്ല എൻ്റെ അടുക്കൽ വന്ന് വിശ്വസിക്കുന്നവന് നിത്യജീവനെ നൽകുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു യേശുവിനെ വിശ്വസിച്ച് യേശുവിൻ്റെ അടുക്കൽ വരുന്നവൻ അവൻ മാനസാന്തരത്തോടെ അനുതാപത്തോടെ തങ്ങളുടെ വഴിയെ വിട്ട് കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നു രക്ഷിക്കപ്പെട്ട വ്യക്തി അവിടെ തുടർന്ന് ക്രിസ്തീയ ജീവിതത്തിൽ യേശു പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പാട്ട് പാട്ടിൽ വളരെ മനോഹരമായ ഒരു പാട്ടാണ് നമ്മൾ ആദ്യം പാടി സ്വർഗീയ പിതാവെ നിന്റെഹിതം നിൻ അത് ചെയ്യുവാനായിട്ട് ഞാൻ മോദമോടെ ഞാൻ വരുന്നു സന്തോഷത്തോടെ ദൈവത്തിൻ്റെ ഓരോ കൽപ്പനകളും ഏർ ചിലർ പറയാറുണ്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് കൽപ്പന അനുസരിച്ചോ എന്ന് ചോദിച്ച ആൾക്കാർ പറയുന്നത് കൽപ്പന എന്ന് പറഞ്ഞ സ്നാനം അങ്ങനെ ഒരു കല്പനയല്ല നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ശിഷ്യത്വ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള യാത്രയിലെ ഒരു ആദ്യത്തെ ചുവടുവയ്പ് മാത്രമാണ് സ്നാനം അപ്പൊ ഒരു ചെറിയ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വലിയ തുടക്കം ഒരു നല്ല തുടക്കം അതാണ് സ്നാനം അതിനെ തുടർന്ന് നമ്മൾ ദൈവവചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും ആത്മാർത്ഥമായി മോദത്തോടെ സന്തോഷത്തോടെ അനുസരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു ചുവടുവയ്പാണ് ഈ സ്നാനം അപ്പോൾ സ്നാനത്തിലൂടെ ഞാൻ ഇവിടെ വായിച്ചത് അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഡെയിലൊന്ന് ഉയർത്തി നിൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാരശക്തിൽ വിശ്വാസത്താൽ അവനോടുകൂടെ ഉയർക്കുകയും ചെയ്യും ഒരു പഴയ പഴയ മനുഷ്യൻ പഴയ ജീവിതം അത് കഴിഞ്ഞു പോയി ഇതാ അതൊരു പുതുതായി തീർന്നിരിക്കുന്നു ഞാനിപ്പോൾ ഒരു പുതിയ വ്യക്തിയാണ് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു യേശുവിനെ ഉയർപ്പിച്ചു ഞാനും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ഇന്ന് സ്നാനപ്പെട്ട് നിങ്ങൾ സ്നാനജലത്തിൽ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം അതുകൊണ്ട് അതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് മൂന്നാം അധ്യായം കുലോസലിഖന മൂന്നാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ പറയുന്നു ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഈർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ പലത് ഭാഗത്ത് ഇരിക്കുന്നിടമായ അന്വേഷിക്കുകയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുകയും അപ്പോൾ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു ഇനിയും നമ്മെ നാം എന്താ ചെയ്യേണ്ടത് നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം ഉയരത്തിലുള്ളത് ചിന്തിക്കണം ആ ഒരു യാത്രയുടെ തുടക്കം ആ ഒരു യാത്ര അതാണ് സ്നാനത്തിലൂടെ നിങ്ങൾ ചെയ്യുന്നത് സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒന്ന് പത്രോസ് രണ്ടാമധ്യായത്തിൽ നോഹയുടെ കാലത്ത് നോഹയുടെ പെട്ടകത്തെക്കുറിച്ചും നോഹ വെള്ളത്തിൽ അന്ന് പ്രളയ ജലത്തിൽ നോഹ സംരക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ചും നാം ഒന്ന് പത്ത് റോസിൽ നാം വായിക്കുന്നു മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു ആ പെട്ടകത്തിൽ ഇരുപതാം വാക്യം അല്പജനം എന്നുവെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടെ രക്ഷപ്രാപിച്ചു അത് സ്നാനത്തിന് ഒരു മുൻകുറി സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയ്ക്കായിട്ട് അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് അത് ഒരു ബാഹ്യമായ ഒരു അഴുക്ക് കളയുന്ന ഒരു ചടങ്ങല്ല അതിനപ്പുറത്ത് നാം ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായി യേശുവിനെ പിൻപറ്റുവാനായിട്ട് തീരുമാനിച്ചു കർത്താവിനെ രക്ഷിച്ചു കർത്താവിനെ സ്നേഹിച്ചു ഇനിയും എൻ്റെ ജീവിതം ഞാനിതാ യേശുവിനെ എന്ത് സാഹചര്യങ്ങളായിക്കോട്ടെ എന്ത് പ്രതികൂലങ്ങളായിക്കോട്ടെ ആളുകൾ എന്നെ കളിയാക്കിക്കോട്ടെ എന്താണെങ്കിലും ഞാൻ യേശുവിനെ പിൻപറ്റുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന് ഉള്ള ഉറപ്പോടെ നല്ല ഒരു മനസ്സാക്ഷിക്കായിട്ട് നമുക്ക് ദൈവം എന്നെ ഓർപ്പിച്ച ദൈവം എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് അനുസരിക്കണം കർത്താവിനെ പ്രീതിപ്പെടുത്തണം എന്നുള്ള തീരുമാനത്തോടുകൂടെ നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റാനം അങ്ങനെ നാം ചെയ്യുമ്പോൾ നാം ഉയർത്തെഴുന്നേറ്റ് തുടർന്ന് നാം ഉയരത്തിലുള്ളത് അന്വേഷിക്കുക ഉയരത്തിലുള്ളത് ഉയരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഈ വഴിയിലൂടെ നാം മുമ്പോട്ട് പോവുക അപ്പോൾ ഇത് സ്ഥാനത്തിനൊരു മുൻകുറി എന്ന് പറയുമ്പോൾ ആ പെട്ടകത്തിൽ നമുക്ക് പെട്ടെന്ന് ആ ഭാഗം കൂടെ ഒന്ന് നമുക്ക് നോക്കാം യോഹനൻ സോറി ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ നോഹയെക്കുറിച്ച് നാം വായിക്കുന്നത് അന്ന് നോഹയുടെ കാലഘട്ടത്തിൽ ലോകത്തെങ്ങും പാപവും വഷളത്വവും നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു ആറാം അധ്യായത്തിൽ നാം വായിക്കുന്നു എന്നാൽ നോഹയോട് എന്നിട്ട് ദൈവം പറഞ്ഞു ഞാൻ ഇനി നാലാം വാക്യം ഏഴാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ നാൽപ്പത് പകലും നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്ക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും അപ്പോൾ അഞ്ചാം വാക്യം യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു അപ്പോൾ നോഹ ഒരു പെട്ടകമുണ്ടാക്കി ആ പെട്ടകത്തിൽ നമുക്കറിയാം നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ മൂന്ന് ആൺമക്കളും നോഹയുടെ മൂന്ന് മരുമക്കളും അവരെട്ട് പേര് ആ പെട്ടകത്തിലൂടെ രക്ഷിക്കപ്പെട്ടതായിട്ട് ആ പെട്ടകത്തിലൂടെ അവരെ സംരക്ഷിക്കപ്പെട്ടതായി നാം വായിക്കും അപ്പോൾ നോഹയുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ കാണുന്നത് ഈ സത്യം ദൈവം പറഞ്ഞു ആ പറഞ്ഞ കാര്യം നോഹ വിശ്വസിച്ചു നമ്മൾ ബ്രാഹിൽ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് എളപ്പാട് ഉണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർത്തു അപ്പോൾ നോഹ ദൈവം പറഞ്ഞു ഇവിടെ ഇതാ ഒരു പ്രളയം വരാൻ പോകുന്നു സകല ലോകവും നശിക്കാൻ പോകുന്നു നീ ഒരു പെട്ടകം ആ പെട്ടകത്തിലൂടെ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിച്ചു വിശ്വസിച്ച് നോഹ പെട്ടകമുണ്ടാക്കി ആ പെട്ടകത്തിൽ നോഹയും തൻ്റെ കുടുംബാംഗങ്ങളും ആ പെട്ടകത്തിൽ കയറി അതുപോലെ യേശുവിനെ യേശുവിനൂടെ മാത്രമേ രക്ഷ യേശു മാത്രമാണ് എന്റെ പാപത്തിൽ എനിക്ക് പരിഹാരമായിട്ടുള്ളത് എന്നുള്ള സത്യം ഞാൻ വിശ്വസിച്ച് യേശുവിൽ ഞാൻ വിശ്വസിച്ച് ഞാൻ ആശ്രയിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നു രക്ഷിക്കപ്പെട്ട് അതിനുശേഷം നാം കാണുന്നത് ഈ പെട്ടകം വെള്ളത്തിലൂടെ അവിടെ നാൽപ്പത് രാവും നാൽപ്പത് പകലും പ്രളയമുണ്ടായി പ്രളയത്തിൽ വെള്ളത്തിലൂടെ ആ പെട്ടകം പോയപ്പോൾ ആ പെട്ടകത്തിൽ നോഹയും നോഹയുടെ കുടുംബവും അവർ സംരക്ഷിക്കപ്പെട്ടു അത് സ്നാനത്തിനൊരു മുൻകുറി എന്ന് പറയുകയുണ്ടായി അപ്പം നമ്മൾ ചിലരെ സംബന്ധിച്ചോളം അവർ ഞാൻ സ്നാനപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വായിച്ചു നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം ഉയരത്തിലുള്ളത് അന്വേഷിക്കണം ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുമുള്ള പല ആളുകളുടെ ക്രിസ്തീയ ജീവിതത്തിലും ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ സ്നാനപ്പെട്ടു ഞാൻ അഭിഷേകം പ്രാപിച്ചു അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് സ്നാനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാലും സ്നാനപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ ഈ തിരിച്ച് നിങ്ങൾ ഈ ഒരു പുതിയ നമ്മൾ പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും നാം ഒരിക്കൽ നാം ചെല്ലേണ്ടവരാണ് എന്നാൽ ഇന്ന് നിങ്ങൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഒരു പഴയ ഭൂമി ഒരു പഴയ കാഴ്ചപ്പാട് പഴയ ആകാശം അത് നീങ്ങിപ്പോയി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു പുതിയ എന്റെ ഒരു പുതിയ ഭൂമി എന്റെ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ വരണം എന്നാൽ മാത്രമേ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പൊ ഇന്ന് നിങ്ങൾ സ്നാനപ്പെടുമ്പോ ഞാൻ എൻ്റെ പഴയത് എൻ്റെ പഴയ കൂട്ടുകാർ നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പഴയ കൂട്ടുകാരോട് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളോട് നിങ്ങളുടെ ബന്ധുക്കളോട് നിങ്ങൾ പറയണം നിങ്ങൾ പേടിച്ച് നിൽക്കരുത് ഞാൻ യേശുവിൻ്റെ മകനാണ് ഞാൻ യേശുവിൻ്റെ മകളായി തീർന്നു ഞാൻ യേശുവിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ സ്നാനപ്പെട്ടു അപ്പോൾ അത് നിങ്ങൾ പേടിച്ച് ആരെയറിയിക്കാതെ രഹസ്യത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ അങ്ങനെ സ്നാനപ്പെട്ട ചിലരെ എനിക്കറിയാം എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവുണ്ട് എവിടെയോ നോർത്ത് ഇന്ത്യയിലോ എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് മറ്റൊരു മറ്റേതൊരു സ്ഥലത്ത് നിന്ന് അവർക്ക് ദൈവജനത്തിൽ സ്നാനപ്പെടണമെന്ന് അറിഞ്ഞു രഹസ്യമായിട്ട് പോയി സ്നാനപ്പെട്ടു രഹസ്യമായിട്ട് പോയി സ്നാനപ്പെട്ട് ആരോടും പറഞ്ഞില്ല തിരിച്ചു ചെന്ന് കുറെ കഴിഞ്ഞപ്പം മർദ്ദോ തന്നെ പോകാൻ തുടങ്ങി അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആകരുത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എടുക്കുന്ന നിങ്ങൾ ചെയ്യുന്ന ഈ സ്നാനം അത് പബ്ലിക്കായിട്ട് നിങ്ങളുടെ ബോധ്യത്തോട് നിങ്ങളുടെ കൂട്ടുകാരറിയണം ഞാൻ സ്നാനപ്പെട്ടു ഞാൻ കർത്താവിൻ്റെ മകനാണ് ശിഷ്യനായിട്ട് ജീവിക്കാനായിട്ട് പോകുന്നു നിങ്ങളുടെ ബന്ധുക്കൾ അറിയണം നിങ്ങളുടെ പള്ളിക്കാരറിയണം അവരെ അറിയിക്കണം അവരോടൊന്നും നിങ്ങൾ മറിച്ചു വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പറയുക അവർക്ക് അവരെന്തെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ ഓക്കെ ഈ കർത്താവിനുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ധൈര്യത്തോടെ ഉറപ്പോടെ ഒരു ശിഷ്യത്വ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരു കാൽവെയ്പ് നിങ്ങൾ വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ആ പെട്ടകത്തിൽ നമ്മൾ കാണുന്നുണ്ട് പെട്ടകത്തിൽ ഒരു മലങ്കാക്കയും ഉണ്ടായിരുന്നു ഒരു പ്രാവും ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ വ്യക്തിയാണെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മെ നമുക്ക് ഈ ഒരു മലങ്കാക്കിയുടെ മനോഭാവം ഒരിക്കലും നമുക്കുണ്ടാവരുത് മലങ്കാക്കിയുടെ മനോഭാവം എന്താണ് മലങ്കാക്ക അവിടെ പെട്ടകത്തിൽ നിന്ന് നോഹ മലങ്കാക്കിയെ പുറത്തേക്ക് വിട്ടപ്പോ മലങ്കാക്ക പോയി അത് പോയും വന്നും എന്നാണ് ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് മലങ്കാക്ക പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയപ്പോ അവിടെ ചത്ത് ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങളൊക്കെ അവിടെ ഒഴുകി നടക്കുന്നു അതിന് കാലു വെക്കുവാനൊരു ഇടമുണ്ടായിരുന്നു അവിടെ പോയി അത് ഭക്ഷിച്ചു പക്ഷിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് വീണ്ടും പട്ടകത്തിലേക്ക് വന്നു വീണ്ടും പോയി വീണ്ടും ഈ ശവശരീരങ്ങളിലും മൃതശരീരങ്ങളിലും അതിനെ ആസ്വദിച്ച് വീണ്ടും തിരികെ വന്നു എന്നാൽ പ്രാവിന് അതിനെ കാലു വയ്ക്കുവാനൊരു ഇടമുണ്ടായിരുന്നില്ല പ്രാവിന് അത് പോയി കൊണ്ടിരുന്നു പറന്നുകൊണ്ടിരുന്നു ഇടമില്ലാതെ അത് തിരിച്ചു അവസാനം ഒരു പച്ചില ആ പച്ചിലയുമായിട്ടാണ് അത് തിരിച്ചു നിങ്ങളും ആ രീതിയിൽ ഞാൻ ഇന്ന് സ്നാനപ്പെട്ട് ഞാൻ കർത്താവിന് ശിഷ്യനായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് ഞാൻ പോകുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു നിർണയത്തോടെ ഈയൊരു ബോധ്യത്തോടെ തുടർന്ന് കർത്താവെ എനിക്ക് ഈ എൻ്റെ പഴയ കാലത്തിലെ എൻ്റെ താല്പര്യങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ അതിനോട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് ഒരു പ്രാവിനെ പോലെ എനിക്ക് ദൈവത്തിന് ഇഷ്ടമുള്ളത് മോദത്തോടെ ചെയ്യുന്ന ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു പല കാര്യങ്ങൾ ഞാൻ വേണ്ട എന്ന് വെക്കുന്നു അതുപോലെ നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ അത് പ്രത്യേകിച്ചുള്ള ഒരു ഒരു ഒരു നിലപാടാണ് പല കാര്യങ്ങളിലും ഇപ്പം ചിലർ സ്നാനപ്പെട്ടു ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ചിലരെ വിളിക്കും ആ ഞങ്ങളുടെ മാമോദിസുണ്ട് മാമോദീസയ്ക്ക് ഞങ്ങളുടെ ബന്ധുവിൻ്റെ അമ്മാവിന്റെ കുഞ്ഞിൻ്റെ മാമോദീസ അപ്പോൾ ഉടനെ ആ അവരൊക്കെ അവരൊക്കെ പിന്നെ പോയില്ലെങ്കിൽ പ്രയാസമല്ലേ എല്ലാം അവിടെ ചെല്ലുന്നു അവിടെ എല്ലാത്തിലും പങ്കെടുക്കുന്നു എല്ലാത്തിലും പങ്കെടുത്ത് ഭക്ഷണവും കഴിച്ചിട്ട് തിരികെ വരുന്നു അപ്പൊ നിങ്ങൾ എന്ത് സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നിലപാടില്ലാത്ത ഒരു വ്യക്തിയായി നിങ്ങൾ മാറുകയാണ് നിങ്ങൾ സ്നാനപ്പെട്ടു ദൈവോചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മാമോദീസ് ശരിയല്ല എന്നുള്ള ബോധ്യത്തിലാണ് നിങ്ങൾ സ്നാനപ്പെടുന്നത് അത് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളിൽ ഞാൻ എനിക്ക് ഞാൻ ഈ കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല ഞാൻ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അതുമായിട്ട് ഞാൻ ചേരുന്നില്ല ഞാൻ അവിടെ വരില്ല ഞാൻ അതിൽ പങ്കെടുക്കില്ല നിങ്ങൾക്കൊരു നിലപാടുണ്ടാവണം നിങ്ങൾ സ്നാനപ്പെട്ടു നിങ്ങളുടെ ഉള്ളത്തിൽ ആത്മാവിന് നിങ്ങളൊരു പുതിയ മനുഷ്യനായി തീർന്നിരിക്കുകയാണ് ആ ആത്മാവിനെ നിങ്ങൾ പോഷിപ്പിക്കണം ഇപ്പോഴും മലങ്കാക്കിയെ പോലെ തരത്തിലുള്ള പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് വരാം പ്രലോഭനങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രലോഭനത്തെ എതിർക്കുവാൻ ശക്തി വേണം ആ ശക്തി നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാവുക ദൈവവചനം നിങ്ങൾ വായിക്കുന്നതിലൂടെ വ്യക്തിപരമായി നിങ്ങൾ ദൈവവചനം വായിക്കണം നിങ്ങൾക്കൊരുപക്ഷേ വായിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവവചനം കേൾക്കണം നിങ്ങൾ ഇപ്പോൾ മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് മൊബൈൽ ഫോണിലൂടെ പല കാര്യങ്ങളും വന്ന് മനുഷ്യനെ മനസ്സിനെ മലിനമാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് മൊബൈൽ ഫോണിൽ ഓഡിയോ ബൈബിളുണ്ട് ഓഡിയോ ബൈബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ആ ഓഡിയോ ബൈബിൾ ബൈബിളിലെ വചനങ്ങൾ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുക ബൈബിളിലെ വചനങ്ങൾ മറ്റുള്ളവർ വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾ ആത്മീയ പുസ്തകങ്ങൾ വായിക്കുവാൻ ദൈവവചനം വായിക്കുവാൻ ആത്മീയ കൂട്ടായ്മയെ ഉത്സാഹത്തോടുകൂടെ നിങ്ങൾ കാണുവാൻ അതിൽ അതിൽ പങ്കെടുക്കുവാൻ ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഉത്സാഹിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ഉയരത്തിലുള്ളത് ചിന്തിച്ച് ആത്മീകമായിട്ട് വളരുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയുള്ളു നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അത് കഴിഞ്ഞ് നമ്മൾ ഈ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ദുഃഖകരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ തന്നെ സ്നാനപ്പെട്ടു രണ്ടുപേരെയെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട് സ്നാനപ്പെട്ടു പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല അവർ മറ്റൊരു വഴിക്ക് മുമ്പോട്ട് പോവുകയാണ് ഉണ്ടായത് നമ്മൾ പത്രോസ് പത്രോസിൽ അത് പറയുന്നുണ്ട് പത്രോസിൽ തന്നെ അങ്ങനെ പോകുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് രണ്ട് പത്രോ രണ്ട് പത്രോസ് രണ്ടാം അധ്യായം അവിടെ പറയുന്നു കർത്താവും ഇരുപതാം വാക്യം കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ മാലിന്യം വിട്ട് ഓടിയവർ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു എന്നാൽ സ്വന്തം ശർദിക്ക് തിരിഞ്ഞ നായയെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലു പോലെ അവർക്ക് സംഭവിച്ചു നമുക്കൊരിക്കലും അങ്ങനെ സംഭവിക്കരുത് ഇന്ന് എടുക്കുന്ന ഈ തീരുമാനം ദൈവവചനത്തിന് മുമ്പാകെ ഞാൻ വളരെ ബോധ്യത്തോടെ ഒരു തീരുമാനത്തോടു കൂടെ എന്തു വന്നാലും സാരമില്ല എൻ്റെ ബന്ധുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ചർച്ചക്കാർ അവരെന്നെ പകച്ചാലും നിന്ദിച്ചാലും ഞാൻ അവരുടെ മുമ്പാകെ ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണ് എന്ന ധൈര്യത്തോടെ ഏറ്റുപറിഞ്ഞ് നിങ്ങൾ ഒരു കോംപ്രമൈസില്ലാതെ ഒത്തുതീർപ്പില്ലാതെ നിങ്ങൾ ഓരോ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണ് എന്നുള്ള ബോധ്യത്തോടെ നിൽക്കുവാനുള്ള തീരുമാനം നിങ്ങൾക്കുണ്ടാകട്ടെ അങ്ങനെ തീരുമാനം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ കൂടെ ഞങ്ങളും ദൈവസഭയുണ്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളും ആ രീതിയിൽ ധൈര്യത്തോടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കെ പരീക്ഷകൾ വരും യേശു ക്രിസ്തു സ്നാനപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് മത്തായി നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു തുടർന്ന് മരുഭൂമിയിലേക്ക് പിശാജിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ടാണ് പോയത് എന്നാൽ ആ പരീക്ഷയിൽ ഓരോ പരീക്ഷയിലും കർത്താവ് ദൈവത്തിന്റെ വചനത്തെ വചനം കൊണ്ട് പിശാചിനെ തോൽപ്പിച്ചു നിന്റെ വചനത്തിൽ ഇപ്രകാരം കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവ വചനത്തോടെ പിശാചിനെ എതിർത്തുനിന്ന് പരീക്ഷയ്ക്ക് വശംവതനാകാതെ മുമ്പോട്ട് പോയി അങ്ങനെ മുമ്പോട്ട് പോയി പരിശുദ്ധാത്മാവന്റെ ശക്തിയോടെ കർത്താവ് മുമ്പോട്ട് വന്നതായിട്ട് നാം വായിക്കുന്നു അതുകൊണ്ട് പ്രിയ സൗരീസ്വരന്മാരെ നിങ്ങളുടെ ഇന്നത്തെ ഈ സ്നാനം അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്ക് സഹായകരമാകട്ടെ ഈ ഒരു തുടക്കം നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ അത് മരണത്തിൻ്റെ ഒരു ചിത്രം നിങ്ങൾ സ്നാനപ്പെട്ട് നിങ്ങളുടെ മുമ്പോട്ടുള്ള ഓരോ ജീവിതത്തിലും നിങ്ങൾ എൻ്റെ ഇഷ്ടമല്ല കർത്താവെ അങ്ങയുടെ ഇഷ്ടം മതി എന്നുള്ളൊരു തീരുമാനത്തോടെ ക്രൂശിൻ്റെ വഴിയിൽ ക്രൂശ്യൻ്റെ മാർഗത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ നിങ്ങൾക്ക് ദൈവം നടത്തിയ നിങ്ങളുടെ വഴികൾ നിങ്ങൾ സ്നാനമെടുക്കുവാനുള്ള തീരുമാനം നിങ്ങൾ മുമ്പോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും എന്നുള്ള നിങ്ങളുടെ ബോധ്യമൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ചുരുക്കം വാചകങ്ങളിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം